അങ്ങനെ യൂസഫ് അലിഹിസ്ലാമിന് ഭൂമിയിൽ ഞങ്ങൾ അധികാരം നൽകി അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് അദ്ദേഹം താമസിച്ചു ഞങ്ങളുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളുദ്ദേശിക്കുന്നവർക്ക് ഞങ്ങളത് നൽകുന്നു സൽക്രമം ചെയ്യുന്നവരുടെ പ്രതിഫലം ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ല